സത്യനിഷേധികൾ അള്ളാഹുസുബഹാനഹുവലായുടെ മാർഗത്തിൽ നിന്ന് തടയാനായി തങ്ങളുടെ സമ്പത്ത് ചിലവഴിക്കുന്നു അവർ അത് ചിലവഴിക്കും പിന്നീടത് അവർക്ക് ഖേദമായിത്തീരും തുടർന്ന് അവർ പരാജയപ്പെടുകയും ചെയ്യും സത്യനിഷേധികൾ നരകത്തിലേക്കാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക